അറിയുന്ന ആഗ്രഹത്തിന്റെ വിഷയം ജ്ഞാനം പൂർവ്വക്ഷി പറയുന്നു അങ്ങനെ ഞാനും ആഗ്രഹത്തിന്റെ വിഷയമാകത്തില്ല ആഗ്രഹത്തിന്റെ വിഷയമാകുന്ന ഒന്നുകിൽ സുഖത്തെ പ്രാപിക്കുക അല്ലെങ്കിൽ ദുഃഖത്തെ പരിഹരിക്കുക അല്ലെങ്കിൽ സുഖത്തെ പ്രാപിക്കുന്നതിനുള്ള ഉപായം അല്ലെങ്കിൽ ദുഃഖത്തെ പരിഹരിക്കുന്നതിനുള്ള ഉപായം ഇതെല്ലാം ഇവയൊക്കെയാണ് ഇതെല്ലാം വിഷയമാകാം എങ്ങനെ ഇച്ഛയ്ക്ക് വിഷയമാകുന്നു സുഖം എന്നുള്ള മാധ്യമത്തിലൂടെ സുഖദ്വാരണം ഇതൊക്കെ ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്ന എന്താണ് സുഖമാണ് മനസ്സിലായ സുഖമാണ് അടിസ്ഥാനം അപ്പൊ ആഗ്രഹത്തിന്റെ ഇത് അദ്വൈതയുടെ കാഴ്ച പോണ ആഗ്രഹത്തിന്റെ വിഷയം എന്ന് പറയുന്ന ഒരിക്കലും അറിവാകത്തില്ല ഒന്നുകിൽ അത് അതിന്റെ ഒരു വഴി ആഗ്രഹ പിന്തുടരുന്ന സുഹൃത്തെയാണ് സുഖത്തിലൂടെ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ സുഖത്തെ നേടാൻ ആഗ്രഹിക്കാം അല്ലെങ്കിൽ ദുഃഖത്തെ ഒഴിവാക്കാൻ ആഗ്രഹിക്കും അല്ലെങ്കിൽ സുഖത്തിന് എന്താണ് വഴിയെന്ന് ആഗ്രഹിക്കുക അല്ലെങ്കിൽ ദുഃഖത്തെ ഒഴിവാക്കാൻ എന്ത് വഴിയെന്ന് ആഗ്രഹിക്കും ഇതിന്റെയൊക്കെ അടിസ്ഥാനമായിരിക്കുന്ന എന്താണ് സുഖമാണ് ഇതാണ് അദ്വൈതയുടെ നിലപാട് അതുകൊണ്ടാണ് അദ്വൈതി പറയുന്നത് എന്താണ് ഈ ഇവിടെയുള്ള ഈ സുഖങ്ങളെല്ലാം ക്ഷണികമാണ് അപ്പോ ആ ക്ഷണികമായ സുഖങ്ങളെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിരന്തരം സുഖത്തിലും ദുഃഖത്തിലും കൂടെ ഇങ്ങനെ മാറി മാറി പോയി സുഖം നേടുമ്പോ നശിച്ചു അതുകൊണ്ട് എന്താണ് ഒരു ആത്യന്തികമായ സുഖം ആത്യന്തികമായ ഒരു സുഖം അതിനുവേണ്ടി പരിശ്രമിക്കും മായ സുഖത്തിന് വേണ്ടി പരിശ്രമിക്കും ആത്യന്തികമായ സുഖം ഉണ്ട് എന്നുള്ള ഇത് അദ്വൈതിയുടെ മാത്രം കാഴ്ചപ്പാടല്ല എല്ലാ ആധ്യാത്മികമായ വിശ്വാസങ്ങളുടെയും മതങ്ങളുടെയെല്ലാം കാഴ്ചപ്പാട് തന്നെയാണ് ക്രിസ്തുമതം പറയുന്നത് എന്താണ് ആത്യന്തികമായ സുഖം സ്വർഗസുഖം അതിന് വേണ്ടിയിട്ട് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗസുഖത്തിൽ എത്തിച്ചേരും മുസ്ലിങ്ങൾ പറയുന്ന എന്താണ് അവരും പറയുന്ന സ്വർഗീയസുഖം അപ്പോ അതിനുവേണ്ടി ഇവിടെ ജീവിക്കും നിങ്ങളുടെ അദ്വൈതി പറയുന്ന എന്താണ് അടുത്ത് പറയും പരമമായ ആനന്ദപ്രാപ്തി പരവമായ വേണ്ടി ഈ തുച്ഛങ്ങളായ സുഖങ്ങളെല്ലാം ഉപേക്ഷിക്കണം അതിന്റെ വിരക്തി ഉണ്ടാവണം എന്നിട്ട് പരമമായ സുഖത്തെ പ്രാപിക്കുന്നത് അതുകൊണ്ട് സുഖമാണ് ഇവിടെ ഏറ്റവും പ്രധാനമായ ഒരാശയമായിട്ടെടുക്കുന്ന സുഖത്തെയാണ് സുഖത്തെ മുൻനിർത്തിയല്ല ആത്മാവ് സുഖസ്വരൂപമാണ് ശങ്കരായത്മാവെന്ന് പറയുന്നത് അത് എങ്ങനെയുള്ള സുഖം നിരദിശ ആനന്ദം ഏറ്റക്കുറച്ചിലുകളൊന്നും ഇല്ലാത്ത ഒരു ആനന്ദം അത് സാറിന് ലൗകുഖം പോലെ എന്താ ഭൂമ എന്ന് പറയും ഭൂമ വൈത്തസുഖം രസോ ഉപനിഷത്തുകളിൽ പറയും ഇതിനെയൊക്കെ ശങ്കരാ വ്യാഖ്യാനിക്കുന്ന അങ്ങനെയാണ് നിരതിശയമായ ആനന്ദം നിഷ്ടാദ്വീതികളും പറയുന്ന എന്താണ് മരിച്ചു കഴിഞ്ഞാൽ വൈകൊണ്ടത്തിപ്പോയാടെ നിരന്തരമായ ആനന്ദമാണ് അവിടെ ലേശം പോലും ദുഃഖമില്ല ഇവരെല്ലാരും പറയുന്ന എന്താണ് നിരതിശയമായ ആനന്ദം അപ്പോ ആഗ്രഹിക്കുന്ന മനുഷ്യൻ ആഗ്രഹത്തിന്റെ വിഷയമാകുന്ന ആനന്ദമായിരിക്കും ജ്ഞാനം അല്ല എന്നാണ് ഇവിടെ പറയുന്നത് എന്നാ ചെയ്യും ബ്രഹ്മവിജ്ഞാനം ബ്രഹ്മവിജ്ഞാനം അങ്ങനെയല്ല പൊറോഷിയാണ് ഈ പറയുന്നത് എന്നാ കല്യ അനുകൂലമിരിവാ പ്രതികൂല നിവൃത്തിരിവാഭൂയത അതാണ് പൊറോഷി പറയുന്നത് ബ്രഹ്മജ്ഞാനം എന്ന് അനുകൂലമാണ് എന്നൊരു അനുഭവം ആർക്കും ഇല്ല പ്രതികൂലമാണെന്നുള്ള പ്രതികൂല നിവൃത്തി ജ്ഞാനം കൊണ്ട് കിട്ടും അങ്ങനെ ഒരു അനുഭവം ആർക്കും ഇല്ല സുഖമേ അനുഭവത്തിലുള്ള ബ്രഹ്മജ്ഞാനമാർക്കാളത് സുഖത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല അനുകൂലമാണെന്നെല്ലാവർക്കും അനുകൂലവേദനയും പക്ഷെ ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതുകൊണ്ടത് അനുകൂല അനുകൂലമാണെന്നോ പ്രതികൂല നിവൃത്തിരിതിവാ അനുഭവ ബ്രഹ്മജ്ഞാന അനുകൂലമാണല്ലാതാകും അങ്ങനെയൊന്നും അനുഭവമില്ല സുഖപ്രാപ്തി അല്ലെങ്കിൽ സുഖപ്രാപ്തിക്കുള്ള ഉപായം ദുഃഖ നിവൃത്തിക്കുള്ള ഉപായം ബന്ധിച്ച് അങ്ങനെയൊക്കെ പറയാം അതുപോലെ ബ്രഹ്മജ്ഞാനത്തെ സംബന്ധിച്ച് എന്താണ് അനുകൂലമാണെന്ന് ആർക്കും അനുഭവമില്ല പ്രതികൂല നിവർത്തിയാണെന്ന് ആർക്കും അനുഭവമില്ല തസ്മിൻ സത്യവി സുഖഭേദസ്യകർശന ഇനി ബ്രഹ്മജ്ഞാനം ഉണ്ടായാലും സുഖഭേദം വിശേഷ സുഖമൊന്നും ഒരിടത്തും കാണുന്നില്ല ബ്രഹ്മജ്ഞാനം ഉണ്ടെന്ന് വിചാരിച്ച ആർക്കെങ്കിലും വിശേഷ സുഖമുണ്ട് ഇത് പൂർവക്ഷാണ് പറയുന്നതെങ്കിൽ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ബ്രഹ്മജ്ഞാനം എന്ന് പറയാൻ എന്താ കാരണം ഒരാൾ വേദാധ്യനം ചെയ്യുന്നു വേദത്തിൽ ബ്രഹ്മത്തെ കുറിച്ച് പറയും അപ്പൊ ബ്രഹ്മത്തെ കുറിച്ച് പിന്നെ അത് തത്വശ്രവണം ചെയ്യുന്നു അപ്പോഴും ബ്രഹ്മജ്ഞാനം ഉണ്ടാവും ഈ ബ്രഹ്മജ്ഞാനം ഉണ്ടാകാൻ അങ്ങനെ ബ്രഹ്മജ്ഞാനമുള്ളവർക്കൊരു നിർദ്ദേശീയമായ ആനന്ദം അങ്ങനെ ഒന്നും കാണുന്നില്ല എന്തുകൊണ്ട് ബ്രഹ്മജ്ഞാനികളും സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്നത് അവർക്ക് വിശപ്പുവന്ന ബുദ്ധിമുട്ടുണ്ടാവും രോഗം വന്ന കരയും ബ്രഹ്മജ്ഞാനികൾക്കൊരു പ്രത്യേക ആനന്ദമുണ്ടെന്ന് ആര് പറയും അനുഭവത്തിനും അങ്ങനെയാ കാണുന്നു വരുമ്പോൾക്ക് അങ്ങനെ വിശേഷിച്ച് അങ്ങനെ ആനന്ദാനുഭവൊന്നും കാണുന്നുമില്ല അതാണ് നാവി തയോരൂപ തസ്മിൻ സത്യവിഭ്രം ഞാനുണ്ടെങ്കിലും സുഖഭേദസിനെ വിശേഷപ്പെട്ട സുഖാദർശന അനുവർത്തമാനസിക ദുഃഖസ്യാന് അത് മാത്രമല്ല ഒരാള് വേദമൊക്കെ പഠിച്ച അയാൾക്ക് ബ്രഹ്മത്തെക്കുറിച്ച് ഞാനൊക്കെ ഉണ്ട് അയാള് പഠിച്ചത് തത്തു മസി അഹംബരസി എല്ലാം പഠിച്ചു പക്ഷേ ഏതെങ്ങനെ തരത്തിൽ ദുഃഖങ്ങൾ നേരത്തെ ഉള്ളത് വീണ്ടും അത് അത് മാറുന്ന കാണുന്നുമുണ്ട് ദുഃഖസ്യാന് ആ ഏത് ബ്രഹ്മജ്ഞാനിയിലാണ് ദുഃഖം മാറിപ്പോകുന്നത് പഴയകാലത്ത് മനുഷ്യന്റെ ആഗ്രഹമാണ് എന്താണ് നിരതിശയമായ ആനന്ദം ആഗ്രഹമായിരുന്നു ഇന്ന് പറയുന്നെന്താണ് ആനന്ദം എന്ന് പറയുന്നത് മനുഷ്യനുള്ളത് തന്നെയാണ് എല്ലാവരും അനുഭവിക്കുന്നത് തന്നെയാണ് പക്ഷെ ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ ചില കെമിക്കലുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ബ്രഹ്മവുമായി ബന്ധപ്പെട്ടതല്ല വ്യക്തമായി മനുഷ്യന് കണ്ടെത്തിയിട്ടുണ്ട് ഏതാണോ കെമിക്കല് ഡോപ്പമുള്ള ഡോപ്പമിൻ സിറോടോണിനോ സിറ്റോസിൻ ഇങ്ങനെയൊക്കെ പറയുന്ന പോലെ കെമിക്കലുകളുണ്ട് ഈ കെമിക്കലുകളുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യന് ആനന്ദമുണ്ടാകുന്നത് അത് കൃത്യമായി കണ്ടെത്തി വേണ്ടി വന്നാണ് ഈ കെമിക്കലുകൾ കൂട്ടിയും കുറച്ചും ആനന്ദത്തിനു വ്യത്യാസപ്പെടുത്താൻ പറ്റും അത് സയൻസിന്റെ നിലപാടാണ് നമ്മളെ തത്വം എന്താ പറയുന്നതല്ല അതൊക്കെ ബ്രഹ്മത്തിൻ്റെതാണെന്നാണ് ബ്രഹ്മം ആനന്ദ രൂപം പക്ഷെ അദ്വേദികളിൽ തന്നെ എല്ലാവരും ബ്രഹ്മം ആനന്ദരൂപണം സ്വീകരിക്കുന്നുമില്ല ചില പറയുന്ന അത് ശരിയാവില്ല പറയുന്നുണ്ട് മുക്തിൽ ആനന്ദമില്ലെന്ന് ശങ്കരാചാര്യെന്ന് പറയുന്നുണ്ട് മുക്തിയിൽ ആനന്ദാനുഭവം ഒന്നും ഉണ്ടാകത്തില്ല എന്നും പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ഭാഗികാരം പറയുന്നത് എന്താണ് ജ്ഞാനം കൊണ്ട് വലിയ ആനന്ദം ഉണ്ടാകുന്നു അപ്പൊ ആനന്ദമുണ്ടാകുന്നതിന് കാരണമായിരിക്കുന്ന കെമിക്കലുകളെ കുറിച്ച് ഒരു ധാരണയില്ലാതെ ആനന്ദത്തെ കുറിച്ച് എങ്ങനെ പറയാൻ പറ്റും പക്ഷെ ഇവിടെ അങ്ങനെയാ പറയുന്നത് തസ്മാത്ര വചനം മാത്ര കൃഷി കർമ്മദാനസ് അതുകൊണ്ട് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നു ബ്രഹ്മജിജ്ഞാസ് എന്ന് പറഞ്ഞതുകൊണ്ട് ജ്ഞാനത്തിന്റെ വിഷയം ഇച്ഛയുടെ വിഷയം ജ്ഞാനമാകത്തില്ല ആ വിളയിന്ന് പറയാം ഇച്ഛയുടെ വിഷയം സുഖമാണ് എന്ന് പറയാം സൂത്രകാര വചന മാത്ര സൂത്രകാരം പറയുന്നതുകൊണ്ട് മാത്രം ഷി കർമ്മദാന ഇച്ഛയുടെ വിഷയം ജ്ഞാനമാകത്തില്ല അവഗതി പര്യന്തം ജ്ഞാനം സമ്പാക്ഷിയായ ഇച്ഛായ ഇച്ഛയുടെ വിഷയം എന്ന് പറയുന്നത് സാക്ഷാത്കാരപര്യന്തമുള്ള ജ്ഞാനാണ് സാധാരണ അല്ല ഇതിനെ കുറിച്ച് ഭാവധികാരം മുമ്പോട്ട് നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങളിൽ തന്നെ വിശദമായി ചർച്ച ചെയ്യും എന്താണ് ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത് നിരദിശയമായ ആനന്ദം അതാണ് ബ്രഹ്മജ്ഞാനത്തിൽ സംഭവിക്കുന്നത് പിന്നെ ഒരാൾക്ക് ആനന്ദം ഉണ്ടാകാം പക്ഷെ നിരതിശയമായ ആനന്ദം ഒന്നും ചേറ്റക്കുറച്ചിലില്ലാത്ത നാശമില്ലാത്ത ആനന്ദം അത് ഇവിടെ അദ്വൈനയുടെ സംഭാവനയാണ് അദ്വൈതി ആണെന്ന് പറയുന്നത് അങ്ങനെ ഒരു ആനന്ദം ഉണ്ടാവും അല്ലാതെ മനുഷ്യന് ആനന്ദം ഉണ്ടാകാത്ത തർക്കമുള്ള കാര്യം ആനന്ദത്തിന്റെ പ്രത്യേകത എന്താണ് അത് ഒരു സമുദ്രത്തിലെ തെര ആനന്ദമെങ്കിലും ഉയർന്നു വരും അടുത്ത നിമിഷം നമുക്ക് താഴ്ന്നു പോകും വീണ്ടും ആനന്ദം വീണെങ്കിൽ വീണ്ടും തിരകളും ആനന്ദത്തിന്റെ തിര ഉണ്ടാകും അല്ല നിരന്തരമായ ആനന്ദം ഇങ്ങനെ ഒരാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഹ്യൂമൻ ബയോളജി അതിനോട് യോഗിക്കുന്നില്ല അങ്ങനൊരിക്കലും നിരന്തരമായ ആനന്ദം ഉണ്ടാകത്തില്ല എവല്യൂഷനും ശാസ്ത്രത്തിലൂടെ ചിന്തിച്ചാൽ നിരന്തര ആനന്ദത്തിന് ഒരു ചാൻസ് വിടും മനുഷ്യൻ നിരന്തരമായ ആനന്ദം വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ സ്റ്റക്കായി പിന്നെ അതിൽ നിന്ന് പ്രവൃത്തികളൊന്നും ഉണ്ടാവത്തില്ല പ്രവൃത്തിക്കുള്ള മോട്ടിവേഷനും ഉണ്ടാവത്തില്ല ആനന്ദം വന്നു കഴിഞ്ഞാൽ ആനന്ദത്തിലിരുന്ന് മനുഷ്യന് അവസാനിച്ചു നശിച്ചു എത്തും ഉം എന്നാണ് പറയുന്നത് ആനന്ദം തുടർച്ചയായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നീട് മനുഷ്യന് മോട്ടിവേഷൻ ഉണ്ടാകായിപ്പോ മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രവൃത്തി ഇല്ലാതായും പ്രവൃത്തികളൊന്നും ഇല്ലാതെന്ന് കഴിഞ്ഞാൽ ഈ സിസ്റ്റം നശിച്ചു പിന്നെ അതിജീവന സാധ്യമാ അതുകൊണ്ട് എവല്യൂഷണറി ബയോളജി പറയുന്നത് ഒരിക്കലും എവല്യൂഷൻ നിരന്തരമായ ആനന്ദത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ശങ്കരാചാര്യൻ പറയുന്നു ആനന്ദം മുക്തിാകത്തില്ല തീർത്തും പറഞ്ഞിട്ടുണ്ട് എന്നാ വിവേക ചൂടാമണി പോലെയുള്ള ചില പുസ്തകങ്ങളുണ്ട് ശങ്കരാചരിന്റെ പേരിൽ ആരും എഴുതി വെച്ചാൽ അവര് പറയുന്നത് മുക്തി എന്ന് വെച്ച പരമാനന്ദമാണ് പരമാനന്ദത്തെ താഴ്ന്നു ആണ്ടാണ്ടാണ്ട് മുങ്ങിപ്പോകുന്നൊക്കെ പറയുന്നുണ്ട് എന്നോട് ശങ്കരാചാര്യോജിക്കുന്നില്ല ചോദിക്കും ഗുരു ആനന്ദ തോറി പറഞ്ഞിട്ടുണ്ടല്ലോ അദ്വൈതത്തില് ഈ ആനന്ദത്തെ കുറിച്ച് പറയുന്നുണ്ട് ഗുരു പറഞ്ഞിരിക്കുന്നു അനന്ത വിശേഷത അദ്വൈതത്തിൽ സാധാരണ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഗുരുവും പറഞ്ഞിട്ടുണ്ട് അദ്വൈതത്തിൽ അങ്ങനെ പറയുന്നുണ്ട് ആനന്ദം ആ അതൊക്കെ തന്നെ അതൊക്കെ അദ്വൈതത്തിന്റെ സ്ഥിരമായി പറഞ്ഞു വരുന്ന കാര്യങ്ങളെല്ലാം ഗുരുവും പറഞ്ഞിട്ടുണ്ട് ചൂടാവണിയിലൊക്കെ അത് എഴുതിയിട്ടുണ്ട് അത് എഴുതിയിരിക്കുന്നു അദ്വൈതത്തെ പറയുമ്പോൾ അതെല്ലാം പറയേണ്ടി പറയുന്നു അടുത്ത് ആനന്ദത്തെ കുറിച്ച് വിശദമായി ഉണ്ടാവും എന്ന് പറയും എന്താണ് അതായത് മനുഷ്യനെന്ന് പറയുന്നത് എപ്പോഴും ഒരുപാട് പ്രതീക്ഷകളിൽ ആഗ്രഹങ്ങളിലൊക്കെ ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരു ജീവിയാണ് എപ്പോഴും അവനും മുമ്പോട്ട് നയിക്കുന്നവന്റെ പ്രതീക്ഷയാണ് പ്രതീക്ഷകൾ അപ്പൊ ആ പ്രതീക്ഷകൾ സഫലമായിരുന്നെങ്കിലും ആ പ്രതീക്ഷയിലെ അവൻ ഭാവനയിലൂടെ അതിനെ സഫലമാക്കും ഭാവനയിൽ അവൻ അതിനൊക്കെ സഫലമാക്കും അതാണ് സ്വപ്നത്തിനും മറ്റും സംഭവിക്കുന്നത് ജാഗ്രത ഉള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളൊക്കെ ജാഗ്രത സ്വപ്നത്തിൽ ആനന്ദമൊക്കെ ഉണ്ടാകും ജാഗ്രത ഉണ്ടാകാത്ത ആനന്ദം സ്വപ്നത്തിൽ ഉണ്ടാവും അത് എന്താണോ ഒരു സൈക്കളോജിക്കൽ കംഫർട്ടാണ് മനുഷ്യൻ അങ്ങനെയൊക്കെ വിചാരിക്കുന്നതാണ് അവന് ഒരു സൈക്കോളോജിക്കൽ സൂത്തിങ് എന്ന് പറയും സൂത്തിവനം ഒരു സാന്ത്വന ഈ പഞ്ചതന്ത്രത്തിന്റെ ഒരു കഥയുണ്ട് ഒരു കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കാള ീ കാള കാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ തീറ്റ തിന്ന് തിന്ന് തിന്ന് ഒത്തടിച്ച് ഒരു ദിവസം ഒരു കുറുക്കനീ കാളക്കിണ്ട് നോക്കിയപ്പോ അതിന്റെ പുറകശത്ത് എന്തോ വളരെ വെയിറ്റുള്ള ഒരു സാധനം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു കാളയുടെ അപ്പോ ഈ കുറുക്കം വിചാരിച്ചത് എന്തെങ്കിലും താഴേക്ക് വീഴും അന്നെനിക്ക് വയറും നിറയെ തിന്നു പറഞ്ഞ് കുറുക്കൻ ഈ കാളയുടെ പിറകെയും നടക്കാത്തതി അത് പിറകെ കിടക്കാത്തതിന് വേറെ തീറ്റയ്ക്കൊന്നും പോയില്ല എന്തെങ്കിലും താഴെ വീഴും അന്ന് ഏഹ് സംതൃപ്തി അടയുമെന്നും പറഞ്ഞിട്ട് പുറകെ ഇടുന്ന അവസാനം ജീവിതം പോയി കിട്ടി ആടെ കുറുക്കൻ്റെ നാളെ ഒന്നും അറിയുന്നുമില്ല നാളെ അറിയുന്ന ജീവന എന്റെ പറഞ്ഞ വേദാന്തികള് ആനന്ദം അന്വേഷിച്ച് ജീവിക്കുന്നത് ഈ സാധനം താഴെ വീഴും അപ്പൊ പിന്നെ പരമാനന്ദ്ര ഇതൊരിക്കലും താഴെ വീഴത്തുമില്ല ആനന്ദത്തിന്റെ കാര്യത്തിലേക്കോ മനുഷ്യരെ നോക്കുക ആനന്ദംന്ന് പറയുന്ന ഒരുപാടൊക്കെ ഇങ്ങനെ പറയുന്നു മനുഷ്യന്റെ പ്രായോഗിക ജീവിതത്തിൽ എന്താണ് ഒരു ജീവിതത്തിൽ അസുഖം വന്നു ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവിടെ ആനന്ദമായിരിക്കും ദുഃഖമായിരിക്കും ദുഃഖം തന്നെ ആയിരിക്കും ആനന്ദം വന്നു കഴിഞ്ഞാൽ ധൈര്യമായിരുന്നു അദ്വൈതി ആയാലും എന്താ രോഗം വന്നു കഴിഞ്ഞാൽ ധൈര്യമായിരുന്നു അദ്വൈതി ആയാലും അവരനുഭവിക്കുന്ന എന്തായിരിക്കും ദുഃഖം എത്രമാത്രം ദുഃഖം ആ രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് എന്തുകൊണ്ട് ഹ്യൂമൻ ബയോളജി എങ്ങനെയാണ് ദുഃഖം രോഗം ദുഃഖത്തെ ഉണ്ടാക്കുന്ന രോഗമാണെങ്കിൽ ആരായാലും ശരി ദുഃഖത്തെ അനുഭവിച്ചേ പറ്റും ആനന്ദം അനുഭവിക്കുന്നത് ീ എല്ലാ ദുഃഖങ്ങളും എപ്പിസോഡിക്കായിരിക്കും അതിങ്ങനെ കൂടി കുറഞ്ഞു വരും അതിന് ഫ്ളക്ച്വേഷൻ ഉണ്ടാവും അങ്ങനെ കൂടി പോയിട്ട് അതൊക്കെ കുറഞ്ഞു വരും അത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ് എഡോണിക് അഡാപ്റ്റേഷൻ സുഖ ദുഃഖങ്ങൾക്കെല്ലാം അങ്ങനെ ഉണ്ടാകും ഏതെങ്കിലും ഒരു വന്നാൽ അതിനും ദുഃഖത്തിരിക്കും ഇങ്ങനെ ഒന്ന് ഒരു കടലിലെ തിരമാല പോലെയാണ് അങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള ആൾ <Sansionate> <Sansionate> <Sansionate> <Sansionate ം ആയാലും ശരി നമുക്കൊന്നും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു ആനന്ദം വരും കുറച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും താഴോട്ട് പോകും ബേസ് ലൈനിലേക്ക് പോകും ലൈൻ ഉണ്ട് നമുക്ക് വെള്ളത്തിൽ എവിടെ ഈ തിരമാല ഉയർന്നു വരുന്നതാണോ അതിന്റെ ബേസ് ലൈൻ അതുപോലെ നമ്മുടെ മനസ്സിന് വന്ന ബേസ് ലൈൻ ഉണ്ട് അവിടെ നിന്നാണ് ഈ ഉയർന്നു വരുന്നത് തിരിച്ച് അങ്ങോട്ടേണ്ട പോകും അതുപോലെ ദുഃഖം എന്ത് അവിടെ നിന്ന് ഉയർന്നു വരും അവിടേക്ക് തന്നെ തിരിച്ചു ഒരു രോഗം വന്നു കഴിഞ്ഞാൽ രോഗത്തിന്റെ തീവ്രതയനുസരിച്ച് നമ്മുടെ ദുഃഖം ഇങ്ങനെ അനുഭവിക്കും അനുഭവിച്ചിട്ട് എന്തു താഴോട്ട് പോകും താഴോട്ട് പോകുമ്പോഴത്തേക്കും ബേസിലെത്തുമ്പോൾ നമുക്കത് സ്വസ്ഥത വരും പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എന്തിനേയും ദുഃഖം ഇങ്ങനെ ഉയർന്നു വീണ്ടും താഴോട്ട് ഇതിനിടയ്ക്ക് ആനന്ദത്തിന് എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ ആനന്ദവും വരും ഇതുപോലെ തന്നെ അല്ല സ്ഥായിയായിട്ട് ദുഃഖമോ ആനന്ദമോ മനുഷ്യന്റെ മനസ്സിൽ നിലനിൽക്കില്ല കാരണം മനുഷ്യന്റെ ബയോളജി അതിനനുവദിക്കുന്നു ബയോളജി അതിനെ അനുവദിക്കുന്നു പക്ഷെ ഒരു ബേസ് ലൈനിലൊക്കെ നമുക്ക് കുറെ നിക്കാൻ പറ്റും എന്താണോ ബേസ് ലൈൻ എന്ന് പറയുന്നത് എന്താണോ വലിയ ദുഃഖമില്ല വലിയ ആനന്ദവും ജീവിതം എങ്ങനെയുണ്ടെന്ന് ചോദിച്ച ആൾക്കാരെന്താ പറയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാലാണ് ബേസിലെ അപ്പൊ ഭൗതികമായ ജീവിതമൊക്കെ ഉപേക്ഷിച്ചിട്ട് ആശ്രമത്തിൽ വന്നു വരാതെ ആത്മീയമായ ജീവിതം നയിക്കുന്നവര് ജീവിതം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും ആ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിലാ പോകുന്നു ബേസ് ലൈനിന്റെ അടുത്താണ് മനുഷ്യനും സ്വസ്ഥതയുള്ള അല്ലാതെ സ്ഥായിയായ ആനന്ദമോ സ്ഥായിയായ ദുഃഖമോ ഒന്നും മനുഷ്യർ നിക്കില്ല രണ്ടും നിക്കത്തില്ല കാരണം നമ്മള് ബയോളജീതനെ അനുഭവിക്കുന്നത് ഇതൊക്കെ അടിസ്ഥാനപരമായി മനസ്സിലാക്കി വെക്കേണ്ട ഇത് എങ്ങനെ നമ്മള് പഠിച്ചതും മനസ്സിലാവണം നമ്മുടെ അനുഭവത്തിൽ നിന്നും മനസ്സിലാവും അപ്പോ നമ്മുടെ അനുഭവത്തെ തള്ളിക്കളഞ്ഞിട്ട് കേവലം സ്വപ്ന ലോകത്തിൽ ജീവിച്ച അതൊരു മണ്ഡലമായി കേവലം പ്രതീക്ഷകൾ ജീവിച്ച അതും മണ്ഡലമായി ഞാൻ പറയുകയും കണ്ടിട്ടുണ്ട് എന്താണ് നിത്യാനന്ദത്തിൽ ഇരിക്കാൻ എന്തെങ്കിലൊക്കെ ചെയ്യുന്നു കണ്ണടച്ചിരിക്കുകയോ ജവിക്കുകയോ ധ്യാനിക്കുകയോ എല്ലാം ഒക്കെ ചെയ്തു ചെയ്തു ചെയ്തു ചെയ്തു ചെയ്ത് കാലം കഴിഞ്ഞു വയസ്സായി തലേന്ന് നരച്ച് പല്ലും കഴിഞ്ഞ് അപ്പൊ പിന്നെ ബാധിക്കുന്നു നിരാശ പിന്നെ നിരാശയാണ് ബാധിക്കുന്ന നിത്യാനന്ദ ഒന്നുമില്ല എന്നാണ് ഞാൻ കുറുക്കന്റെ കാര്യം അപ്പോ അതിനൊന്നും അർത്ഥമില്ല അങ്ങനെയൊന്നും നിത്യാനന്ദത്തിന് അതെല്ലാവരും അങ്ങനെ അതെ ഞാനാണ് സി കാണുന്നത് അതേ ബോധമൊന്നുമില്ല കിടക്കുകയാണ് കാട്ടി അപ്പൊ അധികാണൊന്നും ഇല്ല അവിടെ രണ്ടു മൂന്നോ പേരൊക്കെയുള്ളു കുറച്ച് സ്വത്തൊക്കെയാണുണ്ട് അപ്പൊ ഈ ബോധമില്ലാതെ കിടക്കുന്ന മനുഷ്യൻ എല്ലാ താക്കോലുകളും തന്റെ തലേ അടിയിൽ കയറ്റി വെച്ചിരിക്കുകയാണ് ബ്രഹ്മസൂത്രമൊക്കെ വ്യാഖ്യാനിച്ച് ഒരുപാട് കൊസ്തു വഴി ചെയ്ത് പരമാനന്ദത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള ആണ് ആനന്ദത്തെ കുറിച്ച് ഒരുപാട് പ്രസംഗിച്ച ആളാണ് എങ്ങനെയുള്ള ആനന്ദം ഭക്തിയുടെ ആനന്ദം ഭക്തിയുടെ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരുന്ന ആളാണ് അപ്പൊ മൈകാൻ കിടക്കുന്ന സമയത്തും പുള്ളിയുടെ ഒരു കൈ ടിയിൽ എന്തിനാണ് താക്കോല്ല അതാണ് അപ്പോഴത്തെ കാണുന്നത് യാഥാർഥ്യങ്ങളുമായിട്ട് ബന്ധമില്ലാതെ ഒരു ജീവിച്ചാൽ ഇങ്ങനെയൊക്കെ പറ്റും യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ കൈ തലേനയുടെ അടിയിൽ താക്കോലി ഇരുന്നാലും കുഴപ്പമില്ല കാരണം ഇതൊന്നും നിഷേധിക്കുന്നില്ല ചിലപ്പോ കൈ എവിടെ ആയിപ്പോ മനുഷ്യനാണ് ചിലപ്പോ എവിടെ ആയിരിക്കും അതിന് ഇടയിൽ നിന്ന് താക്കി ചെലപ്പോ കുറച്ച് സന്തോഷവും കാണും ചിലപ്പോ കൊറച്ച് ദുഃഖവും കാണും ചെലപ്പോ നിരാശയും വരും ഇതൊക്കെയാണ് മനുഷ്യന്റെ ജീവിതം ഇതുവരെ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ വേണം ഇതുവരെ എന്നാ ഇനി മുമ്പോട്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അല്ല മൂവ് ചെയ്യാനും അവരുടെ തന്നെ നമ്മുടെയൊക്കെ ആ നമ്മള് സാധാരണ മനുഷ്യരല്ലേ നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് മനുഷ്യർ സാധാരണ അസാധാരണ എന്ന് പറയുമ്പോൾ ഇക്കാര്യത്തില് ഇല്ല വേറെ ചില കാര്യങ്ങൾ കാണും കഴിവുള്ളവരും കഴിവില്ലാത്തവരും കാണും ബാക്കി എല്ലാ മനുഷ്യരും ഇത്തരം കാര്യങ്ങൾ എല്ലാ മനുഷ്യർക്കും സാധാരണ തീർച്ചയാനന്ദിക്കാറുള്ളത് ഏ സന്യാസം സ്വീകരിക്കുന്ന ആനന്ദം പേരന്റെ കൂട്ടത്തി ആനന്ദം കൂടെ അപ്പ അത് ആനന്ദംന്ന് പറയുന്നത് മനുഷ്യന് എന്താണോ ഹാരിയായ ആനന്ദം മനുഷ്യന് വ്യത്യാസമാണ് സാധിക്കത്തില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് സാധിക്കാത്തത് അവന്റെ ശരീരം അവന്റെ ബയോളജി ഞാൻ അനുവദിക്കില്ല സ്ഥായിയായ ദുഃഖം എങ്ങനെയായിരുന്നു സ്ഥായിയായ നിരാശയും എങ്ങനെയായിരുന്നു ഇതൊന്നും സ്ഥായിയായി നിക്കത്തില്ല ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരും പിന്നെ ഈ ഏറ്റക്കുറച്ചിൽ ഒരാൾക്ക് എവിടെ നിന്നാൽ ബേസ് ലൈനിലാണ് നിക്കുന്നെങ്കിൽ അയാൾക്ക് ഒരു സമാധാനം സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും ഒരു ശാന്തിയോടെ ജീവിക്കാൻ പറ്റും ഒരു സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും അതീ പറയുന്ന പോലെ നിരുചിത ആനന്ദമല്ല അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് പറയാം സാധാരണക്കാർക്ക് ഇല്ലാത്ത ഒരു വിശേഷമാണ് സാധാരണക്കാർ ഈ വലിയ സുഹൃക്കങ്ങൾക്കൊപ്പം ജീവിക്കുമ്പോൾ സുഹതുക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്ന് സമാധാനത്തിൽ ജീവിക്കാൻ കഴിയുമെങ്കിൽ സന്യാസത്തിന് അത് നല്ലൊരു കാര്യമാണ് അഭ്യാസങ്ങൾക്ക് പരിചയങ്ങൾ സാധാരണ മനുഷ്യർക്ക് സാധിക്കുന്ന കാര്യമില്ല സാധാരണ മനുഷ്യർ എന്ന് വെച്ചാൽ അതിനെ കുറിച്ച് അറിവില്ലാത്തവനെന്നുള്ള അർത്ഥത്തിലാണ് അതാ സന്യാസിന്നുള്ള അർത്ഥത്തിൽ ഹാപ്പിനെസ് വേണമെങ്കിൽ അതെങ്ങനെയുള്ള ഹാപ്പിനെസ് ആയിരിക്കും അങ്ങനെയായിരിക്കും ും തടയിക്കരുത് ഇ ചവു ആണ് ചവുക്കൊരാൾക്ക് ഹാപ്പിനെസ് സന്തോഷം ജീവിതത്തിൽ വേണമെങ്കിൽ നമുക്ക് സാധിക്കാമെന്നുള്ള സന്തോഷം ഏതാണ് ആ ബേസ് ലൈം അല്ലാതെ എന്താണ് നിരധിശ ആനന്ദ നിരധിശയമായ ആനന്ദം അല്ല ബേസിനുള്ള ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ് സന്തോഷവും ദുഃഖവും നിരാശയും എല്ലാം ഉള്ളപ്പോ അതിൽ ഒരു സമാധാനം കണ്ടെത്തുക അതാണ് ആത്മീയമായ ആനന്ദം എന്ന് വേണമെങ്കിൽ പറയാൻ ആത്മീയത പറയുന്ന ആനന്ദം അതേ ഉള്ളു നിരാശ നിരാശയില്ലാത്ത ആനന്ദിനെസ് എന്ന് പറയുന്നത് അതായത് ഏത് ഫ്ളക്ച്വേഷൻ ഉണ്ടായാലും അതിന്റെ പ്രത്യേകത എന്താണ് അതൊരു ബേസ് ലൈനിലേക്ക് വരും ഒരു വേവം ഒരു ബേസിലേക്ക് വരും ബേസിൽ നിൽക്കുക എന്നുള്ളതാണ് ഹാപ്പിനെസ് അത് ഒരാൾക്ക് സാധിക്കും അത് വേണമെങ്കിൽ എന്താണ് സാധാരണ മനുഷ്യന് കിട്ടാത്തതെന്ന് പറയാം അതിനപ്പുറം നിരസ്യാനന്ദ്രനുവദിക്കുന്ന കാര്യമാണ് അത് ബയോളജിയെ കുറിച്ച് അറിയാത്തത് കൊണ്ട് പഴയകാലത്ത് മനുഷ്യന്റെ ഭാവനയും സ് എന്ന് പറയുന്നത് ഒരു സാധാരണ ജീവിതത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ ബോധമുള്ള ഒരു മനുഷ്യനും അങ്ങനെ ഒരു സന്തോഷം നിലനിർത്താൻ പറ്റും അങ്ങനെ ഒരു സന്തോഷം ഒരാളിൽ ആത്മീയത എന്ന് പറയുന്നത് അല്ലാതെ എന്തെങ്കിലും വിശേഷമായി മനുഷ്യനെ സംഭവിക്കുന്ന അങ്ങനെ വിശേഷമായി സംഭവിച്ചാലും അവർക്ക് ഈ സന്തോഷം കിട്ടണമെന്നൊന്നുമില്ല ചിലപ്പോൾ ആനന്ദം വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുക അതൊക്കെ കൂടുതലും നമ്മുടെ ഇന്റർപർട്ടേഷൻ ആയിരിക്കും അധികം ഒന്നുമില്ല ഇതിന്റെ അത്ഭുതങ്ങളൊന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ യാതൊരു അത്ഭുതവും അത്ഭുതമൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ വ്യാഖ്യാനിക്കുന്നതാണ് എന്തുകൊണ്ട് പ്രപഞ്ചത്തിൽ അത്ഭുതമില്ല എന്തുകൊണ്ടാണ് പ്രപഞ്ചത്തിൽ അത്ഭുതമില്ലാത്തത് നാച്ചുറൽ ലാസ് എന്ന് പറയുന്ന ചില ഭൗതിക നിയമങ്ങൾ ഭൗതിക നിയമങ്ങളെ ആരെങ്കിലും വയലേറ്റ് മാത്രമേ അതിന് അത്ഭുതമെന്ന് പറയാൻ പറ്റുള്ളൂ ആ ഭൗതിക നിയമങ്ങളെ വയലേറ്റ് ചെയ്യാൻ മനുഷ്യന് കഴിയത്തില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളും അത് ഒരു മനുഷ്യന് എത്രമാത്രം സന്തോഷമായി സമാധാനമായിട്ടിരിക്കാൻ കഴിയുമോ അത്രയും അയാൾക്ക് ആത്മീയതയുണ്ടെന്ന് ഈ തത്വചിന്തകളൊക്കെ ഏത് തത്വചിന്ത ആയാലും ശരി അതൊക്കെ എന്താണ് ബൗദ്ധികമായ ഒരു സംതൃപ്തിക്ക് വേണ്ടിട്ട് ഒരാൾ മനസ്സിലാക്കാം അദ്വൈതമായാലും ഇഷ്ടാദ്വൈതമായാലും ദ്വൈതമായാലും മറ്റേത് ഫിലോസഫി അതൊക്കെ ചിലർക്ക് എന്താണ് ഒരു ബൗദ്ധിക സംതൃപ്തി കൊടുക്കും ചില പ്രത്യേക ഭക്ഷണങ്ങൾ നമുക്ക് സന്തോഷത്തെ തരുന്നു അതുപോലെ ബുദ്ധിക്ക് സന്തോഷത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നാണ് ഇതൊക്കെ ഈ വിലവശ്യം വേണ്ടത് അതിനു ശേഷം അവർക്ക് അതിന് ഒരു സന്തോഷം കിട്ടും എന്താന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടത്തില്ല അതാണ് ഇതിന്റെയൊക്കെ പ്രയോജനം ഇതൊക്കെ പഠിക്കുകയും അറിയുകയൊക്കെ ചെയ്യുമ്പോൾ അറിവും അതിനപ്പുറം എന്താണോ അസ്വാ അസ്വാഭാവികമായി എന്തെങ്കിലും മനുഷ്യർ സംഭവിച്ചാൽ അത് ആത്മീയത അതിന്റെ കാരണം കണ്ടുപിടിക്കണ എന്തുകൊണ്ട് സംഭവിച്ചു അതിന് കാരണം നമ്മുടെ ഡി എൻ കാരണം അതോ ജെനറ്റിക്സ് ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കാൻ പോയി കഴിഞ്ഞാൽ ഉത്തരം കിട്ടും എന്നതാണ് കാരണം അപ്പോ എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടെന്ന് വിചാരിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുള്ളൂടെ ഓട്ടി സമ്പാദിച്ച കുട്ടികൾക്ക് സാറിന് മനുഷ്യനും ജീവിക്കാൻ പറ്റില്ല പക്ഷെ ചിലരി അതിശയകരമായ കഴിവുകൾ ഓട്ടീസ് വന്നു വരുന്നത് തയ്യാറാണ് ശരി ജനിതകമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഓട്ടീസ് സംഭവിച്ചത് പക്ഷെ അവര് പ്രദർശിപ്പിക്കുന്ന കഴിവുകളും സാധാരണ മനുഷ്യർക്കില്ലാത്തതാണ് അങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് വിചാരിച്ച് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജനിതകമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ സന്തോഷം എന്ന് പറയുന്നത് സാധാരണമായ വഴികളെയോ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പദ്ധതികളാണ് ട്രാൻസ്ഡെൻഡൽ ആയ പരിപാടികൾ സാധാരണ മനുഷ്യൻ സാധാരണമായ മാർഗങ്ങളിലൂടെ സന്തോഷത്തെ നിലനിർത്തുന്നതിന് എന്ന് പറയുന്നത് അനന്തപേര് പറയുന്നു സ്പിരിച്വാലിറ്റിന്ന് പറയുന്നതാണ് സ്പിരിറ്റല്ല സ്പിരിച്വാലിറ്റി സന്തോഷം നിലനിർത്തുന്നതിന് വേണ്ടിട്ട് എടുക്കുന്ന ഒരു അസാധാരണമായ വഴിയാണ് സ്പിരിറ്റ് നമ്മള് സന്തോഷം കിട്ടും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതാണ് സാധാരണമായി മനുഷ്യന്റെ ജീവിതത്തെ സന്തോഷവും സമാധാനമൊക്കെ നിലനിർത്തുക അതിനാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിനെന്ത് വേണം ജീവിതം മീനിങ് ഫുൾ ആയിരിക്കും പർപ്പസ്ഫുൾ ആയിരിക്കണം മീനിങ് ഫുൾ ആയിരിക്കണം വാല്യൂ ബേസ്ഡ് ആയിരിക്കണം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം അങ്ങനെയൊന്നും മനസ്സിലാക്കി സന്തോഷമായി ജീവിക്കാൻ പറ്റും ഒന്നുകൂടെ വേണം എന്താണോ മനുഷ്യന്റെ ബേസിക് നീഡ്സ് അടിസ്ഥാനപരമായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിയും വേണം അതിന് സന്തോഷം കിട്ടത്തില്ല അതേറ്റവും അടിസ്ഥാനപരമായ കാര്യം അടിസ്ഥാനപരമായ ആവശ്യങ്ങളെന്നൊക്കെ പറയുന്നത് എന്താണ് ഭക്ഷണം വസ്ത്രം സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ടതായി പാർപ്പിടം മൊബൈല് ഒക്കെ ഇന്ന് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യത്തിൽ പഴയകാലത്ത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യത്തില് മൊബൈല് പടത്തില്ല ഇന്ന് മൊബൈല് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിട്ടു ഈ മനുഷ്യന്റെ ഇന്നത്തെ അടിസ്ഥാന ആവശ്യത്തിൽ ഒന്നെന്താണ് പറഞ്ഞു ബാങ്ക് അക്കൗണ്ട് പഴയ കാലമല്ല ഇത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ് ഇതൊക്കെ ഇതൊന്നും ഇല്ലെങ്കിൽ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റില്ല അതൊക്കെ വേണം മനസ്സിലായോ ഇതൊന്നും ഇല്ലാത്തോണ്ടാണ് മനുഷ്യൻ എന്തു ചെയ്യുന്നത് കാണിക്കപ്പെട്ടി കൈയിടുന്നു അതാണ് പ്രശ്നം മനസിലായോ ഒരാളെ ആശ്രമത്തിൽ വന്നു കഴിഞ്ഞ അയാള് സന്യാസിയായി കഴിഞ്ഞ ആദ്യം ചെയ്യണ്ട എന്താണോ ഏ പേരിൽ ഒരു ബാങ്കിൽ അക്കൌണ്ട് തുടങ്ങി മാസം ജനവിനുള്ള പൈസ അത് ഇട്ടു കൊടുക്കണം അയാള് കാണിക്കപ്പെട്ടി കൈവയ്ക്കാതിരിക്കണം അത് അതിന് ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അടിസ്ഥാന ആവശ്യം അടിസ്ഥാന ആവശ്യങ്ങള് നിറവേറ്റുന്നു ഇന്നിപ്പോ അതിന് ഇന്നുള്ള രീതിക്ക് അതൊക്കെയാണ് ചെയ്യേണ്ടത് പണ്ട് ആവശ്യങ്ങൾ സമൂഹം കൊടുക്കാറുണ്ട് സമൂഹം ഒന്നും കൊടുക്കത്തില്ല ഇല്ല ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനൈസ് ചെയ്ത് കഴിഞ്ഞു ഏത് ആത്മീയതന്നെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ബോർഡന്മാർ ഇതൊക്കെ നോട്ട് ചെയ്ത് പറ്റും കേട്ടോ കേട്ടുന്നുണ്ടാവുന്നു എന്താണ് അടിസ്ഥാന ആവശ്യം അടിസ്ഥാന ആവശ്യത്തിന് എന്താ ഇപ്പൊ അവസാനം പറഞ്ഞു ആർക്ക് എല്ലാവർക്കും ആ സ്വാമിമാർക്കെല്ലാം എടുത്തു കൊടുത്ത് പൈസ ഇട്ടു കൊടുക്കണം മാസമാസം അല്ല നമ്മള് എത്തിക്സ് ചെയ്ത സന്യാസിന്റെ അത് ആ ഒരു എത്തിക്സിൽ സന്യാസിക എന്താ എത്തി കബന് ഇതൊക്കെ നിയമത്തിൽപ്പെട്ട കാര്യം തന്നെയാണ് ഇതൊക്കെ നിയമങ്ങളെ കുറിച്ച് ബോധമോട് വരുത്തലും ഇല്ലാത്തോണ്ടല്ലേ പ്രശ്നം ഇതൊക്കെ നിയമം അനുവദിച്ചിട്ടുള്ളതന്നെ അത് കള്ളയക്കൗണ്ട് കള്ളയക്കൌണ്ട് അല്ല ഓപ്പൺ അക്കൗണ്ട് മറ്റേ പറയുന്ന കാണിക്കപ്പെട്ടേക്കായിട്ട് ഉണ്ടാക്കുന്ന അക്കൗണ്ട് അതല്ല ഓപ്പൺ അക്കൗണ്ട് ആയിരിക്കും എല്ലാവർക്കും അത് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാ ഈ ബാക്കി പറയുന്ന സന്തോഷമൊക്കെ ഉണ്ടാകത്തോ അതിലെന്തെങ്കിലും കള്ളത്തരോരത്തം കാണുകയാണെങ്കിൽ അത് കാണിക്കുകയാണെങ്കിൽ അത് പിടിക്കാനുള്ള സംവിധാനം ഉണ്ടാവും മനസ്സിലായ വ്യക്തിപരമായ ഊരത്തിന്റെ ആവശ്യങ്ങളെല്ലാം നടന്നു പോകത്തക്ക രീതിയിലുള്ള സംവിധാനം അതിനൊന്നും ട്രസ്റ്റൊന്നും എതിരുന്നല്ല നിയമങ്ങളും അവർ ഇതിലല്ല അതായത് നിങ്ങളൊരു ട്രസ്റ്റിൽ നിന്നുകൊണ്ട് ആ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളിൽ ഭാഗഭാഗാക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രാഥമിക ആവശ്യങ്ങളും ട്രസ്റ്റിൽ നിന്ന് തന്നെയാണ് നിറവേറ്റത് അതിനുള്ള എന്ത് സംവിധാനവും ട്രസ്റ്റിന് ചെയ്യാൻ കുഴപ്പമൊന്നും വിശ്വാസം ആ ഉണ്ടാവും അതിൽ കള്ളത്തരം കാണിച്ചു അതിന്റെ ആവശ്യമുണ്ട് എല്ലാം ചെയ്യണം എല്ലാം അത് ലീഗലായി ചെയ്യാന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലാതെ ഈ ചെറു പിടിച്ച പുസ്തകങ്ങളും പഠിച്ചു വെച്ച അതിന്റെ തിയറികളും പഠിച്ചു വെച്ചിട്ട് എന്താ കാര്യം നമ്മുടെ ജീവിതമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം ഈ സ്വാമി ഇത്രയും ധൈര്യമായിട്ട് സ്വാമിക്ക് അക്കൗണ്ടും പണവും ബ്രഹ്മാനന്ദവും മറ്റേ ആനന്ദത്തിനും ഒക്കെ എല്ലാ വകയുണ്ട് പേടിക്കണ്ട കാര്യ എല്ലാവരും അങ്ങനെ അല്ലണ്ട് കേട്ട ഏ അല്ല അതോട്ടെ ഞാൻ തമാശ പറഞ്ഞു അപ്പോ അതാവശ്യമാണ് ഉണ്ടോ ഇല്ലെന്നുള്ള രണ്ടാമത് പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ആവശ്യമാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോ അങ്ങനെ വരുമ്പോ എന്തൊരു മനുഷ്യന് ആശങ്കകളില്ലാതെ ജീവിക്കാം സന്തോഷമായിട്ട് ജീവിക്കാം പിന്നെ ദുരാഗ്രഹം അത്യാഗ്രഹങ്ങളൊന്നും കാണിക്കാൻ പോകാൻ ആവശ്യങ്ങൾ നടന്നു പോയാൽ സന്തോഷം എന്താ പണ്ട് സന്യാസത്തിന് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്ന എന്തുകൊണ്ടാണ് പണ്ട് പറഞ്ഞിരുന്നത് അത് ഭിക്ഷ എന്ന് പറയുന്ന ഐഡിയ ഉണ്ടായിരുന്നു ഭിക്ഷൊരു സംവിധാനം ഉണ്ടായിരുന്നു അത് വളരെ പ്രാകൃതമാണ് അന്ന് പക്ഷെ അതല്ല വേറെ വഴിയില്ല അതുകൊണ്ട് മനുഷ്യന്റെ ഭൂമി വേറെ വഴിയൊന്നും ഇല്ല ഇതങ്ങനല്ല അന്ന് മഠമില്ല ഇന്ന് മഠമുണ്ട് പക്ഷെ സാധിക്കണ പോലെ കഷ്ടപ്പെട്ടു ദുരിതം രോഗം മരിച്ചിരുന്ന ഭക്ഷണവും കിട്ടാതെ ആ ഭക്ഷണം ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാർ അപ്പൊ അതിന് അതല്ലേ പറഞ്ഞ കാലം മാറി സംവിധാനം ഉണ്ടാക്കി അതുകൊണ്ട് ഇന്നിപ്പോ എല്ലാം എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷനല്ലേ പ്രസ്ഥാനങ്ങളല്ലേ അപ്പൊ അത് ജീവിക്കുന്നവര് ഡീസന്റായിട്ട് ജീവിക്കണം ഡീസന്റായി ജീവിക്കണമെങ്കിൽ അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങളെല്ലാം ഒരുക്കണം എന്നിട്ട് അവര് പണിയെടുക്കണം പ്രശ്നങ്ങള് പരിഹരിക്കും അപ്പോ മൊബൈലില്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റും മൊബൈലുണ്ടെങ്കിൽ അത് ചാർജ് ചെയ്യണ്ടി മാസം തോറും അതിന് പൈസ കിട്ടി എവിടുന്നു പൈസ കിട്ടും അപ്പൊ അതിനൊക്കെ സംവിധാനം ബില്ല് കൊണ്ട് കൊടുക്കുന്നിടത്തുള്ളൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്നു യജമാനാകും ആയി കോച്ചാല് ചെയ്യണം അവന്റെ മുമ്പിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം സാറേന്ന് വിളിച്ചു അവിടെ ഇരിക്കുന്നു അല്പനായിരിക്കും കാലുപിടിക്കണം ഇതിന്റെ ആവശ്യമില്ല ഇത് ഇപ്പൊ എല്ലാം ഓൺലൈൻ സംവിധാനമാണ് മാസോ മാസം അവന്റെ അക്കൌണ്ട് പേസ് വരും ആരെയും മുമ്പിൽ പോയി കാലുപിടിക്കേണ്ട കാര്യ അപ്പോ അതിനെല്ലാം എന്താണ് ഒരു സ്ക്രൂട്ടണി ആവശ്യമാണ് കാശ് വാങ്ങിക്കുക മോഷ്ടിക്കുന്ന കാശ് വിതരണം ചെയ്യും ആ വാങ്ങിച്ചിട്ട് വോട്ട് ചെയ്യും എന്താണ് സുതാര്യത നഷ്ടപ്പെട്ടു ഇതിനത്തെ എന്താണ് പരിശ്രമം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം കേൾക്കുന്നുണ്ട് സുതാര്യത ഇല്ലാതെ അപ്പോ എന്തുവരും അവിടെ യജമാനെന്നും തമ്പുരാനാവും അപ്പൊ തമ്പുരാനെ പ്രകടിപ്പിച്ചാലെ കാശില് അപ്പൊ തമ്പുരാന കാണുമ്പോൾ കാണുമ്പോ കാര്യം വീഴും എന്തെങ്കിലും ഇത് ഉണ്ടെങ്കിലും സംസാരിക്കാൻ പറ്റൂല പോയിട്ട് മാറണമെങ്കിൽ ഇപ്പൊരുത്തരും സ്വതന്ത്രരായി നിൽക്കണം അപ്പൊ കാര്യങ്ങള് സ്മൂത്ത് ആയി ചെയ്യണം അവരുടെ ഈ സിസ്റ്റങ്ങളൊക്കെ മാറ്റണം അപ്പൊ അവിടെ ആനന്ദംന്ന് പറഞ്ഞാൽ ഇത്രേ അതിനർത്ഥൂ വേറെ വേറെ ആനന്ദം ഉണ്ടാകാൻ പോകും ഞാനിതുമായിട്ട് പറഞ്ഞെന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ചോളൂ ഞാൻ ക്ലാസ്സിലിരുന്നു കൊണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും